മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും ദോചനത്തിൻ്റെ മുമ്പാകെ ആയിരിപ്പാൻ ഇങ്ങനെയൊരു അവസരം ദൈവം തന്നല്ലോ നമ്മളെ ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങൾ ഏകദേശം ആറാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് ഒമ്പതാം മണിവരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച പറഞ്ഞു ഇവിടെ ഇതാ കർത്തവായ യേശു ക്രൂശിലെ ആ പീഠാനുഭവം അതിൻ്റെ ഏറ്റവും ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ അന്ധകാരമുണ്ടായി എന്നാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ യേശു കിടന്ന ക്രൂശിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ മൂന്ന് മണിക്കൂറിൽ ഭൂമി മുഴുവൻ ഇരുണ്ടുപോയി അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഈ ദൈവപുത്രനായ കോടി സൂര്യപ്രഭയേക്കാളും വിളക്കം ഉള്ള തിളങ്ങുന്നവനായ കർത്താവിനെ ക്രൂശിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സൂര്യൻ പോലും അത് കാണാൻ കഴിയാതെ കണ്ണുപുത്തിപ്പോയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഏതായാലും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രതീകം എന്നുള്ള നിലയിൽ ഇത് ഒരു അടയാളമെന്നുള്ള നിലയിൽ മാനവരാശി വെളിച്ചത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നതിനാൽ ന്യായമായിട്ടും അന്ധകാരം വന്നതിൽ തെറ്റൊന്നുമില്ല അത് ഒരു പ്രതീകമായിട്ട് നമുക്കെടുക്കാനായിട്ട് കഴിയും നമ്മളെ ഇവിടെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ നമ്മൾ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ അന്ധകാരമുണ്ടായെങ്കിലും കർത്താവിനെ രാവിലെ ഒൻപത് മണിക്ക് ക്രൂശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യം വായിക്കുമ്പോൾ മൂന്നാം മണി നേരത്ത് അവനെ ക്രൂശിച്ചതായിട്ടാണ് കാണുന്നു മൂന്നാം മണി എന്ന് പറയുമ്പോൾ രാവിലെ ഒൻപത് മണി അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് ക്രൂശിച്ചു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് കർത്താവ് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ഫരമേൽപ്പിച്ച് മരിക്കുന്നത് അങ്ങനെ ക്രൂശിലെ കർത്താവ് മൊത്തം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ആറ് മണിക്കൂറ് ആ ക്രൂശിലെ ചിലവഴിച്ചു അതിലെ ഒടുവിലത്തെ മൂന്ന് മണിക്കൂറിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയം കൃത്യം സൂര്യൻ ഏറ്റവും പ്രഭയോടെ നിൽക്കുന്ന ആ സമയത്ത് പൊടുന്നനെ അന്ധകാരമയമായി പോയി എന്നാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് തൻ്റെ ക്രൂശിലെ ഈ ഒടുവിലത്തെ മൂന്ന് മണിക്കൂറ് ദൈവത്തിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ മേൽ ആ നിലയിൽ പകരപ്പെടുകയായിരുന്നു നമ്മളെ യഷയാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ആ സമയത്ത് എന്തു ചെയ്തു അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു കണ്ടോ ഒരു അകൃത്യയാഗമായിട്ട് കർത്താവിനെ എണ്ണുന്ന സന്ദർഭമാണ് ആദ്യത്തെ മൂന്ന് മണിക്കൂറ് അതായത് രാവിലെ ഒൻപത് മണി മുതൽ ഈ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് മറ്റാളുകളും പടയാളികളും മറ്റ് കൂടെ ക്രൂശിക്കപ്പെട്ട ആളുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ ആളുകളിൽ നിന്നുള്ള നിന്നയും പരിഹാസവും അപമാനവും അവരിൽ നിന്നുള്ള പീഡനവുമാണ് കർത്താവ് സഹിച്ചതെങ്കിൽ ഒടുവിലത്തെ മൂന്ന് മണിക്കൂറ് പന്ത്രണ്ട് മണി മുതലേ മൂന്ന് മണി വരെയുള്ള ആ ആ സമയത്ത് നമുക്ക് ഒരു അകൃത്യയാഗമായിട്ട് കർത്താവിനെ കണക്കാക്കുകയും അങ്ങനെ പിതാവിൻ്റെ ക്രോധം തൻ്റെ മേലെ പകരപ്പെടുകയും ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷ അകൃത്യയാഗം എന്നുള്ള നിലയിൽ കർത്താവിനെ കണക്കാക്കുകയും ചെയ്തു ആ സമയത്ത് നമ്മുടെ പാപങ്ങൾ എല്ലാ ലോകത്തെ നിഷേധാത്മകമായ എല്ലാ കാര്യങ്ങൾ അതൊക്കെയും ആ നിലയിൽ കർത്താവ് വഹിച്ചത് പിതാവ് തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ളതാണ് തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവിൻ്റെ നിലവിളിയായിട്ട് നമ്മൾ കാണുന്നത് യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു അതിന് തൊട്ടുമുമ്പ് നമ്മൾ മറ്റൊരു പിതാവേ എന്ന് പറഞ്ഞുള്ള ഒരു സംബോധന അതിൻ്റെ മുപ്പത്തിനാലിൽ കാണുന്നുണ്ട് അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിനാലിൽ പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഇവിടെ ഇതാ നാൽപ്പത്തി അഞ്ച് ആറിൽ വരുമ്പോൾ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു ഇതിൻ്റെ ഇടക്കി വെച്ച് കർത്താവ് ഏലി ഏലി ലമ്മ ശവക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ലൂക്കോസ് അത് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ മറ്റു സുവിശേഷങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ സമയത്ത് പിതാവേ എന്ന് വിളിക്കാതെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചത് ആ സമയത്ത് ഒരു പിതൃപുത്ര ബന്ധം അതുപോലും നേ നിഷേധിക്കപ്പെട്ട നിലയിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ സമസ്ത പാപങ്ങളും തൻ്റെ മേൽ ആക്കിയിരുന്ന ഒരവസ്ഥയിൽ എൻ്റെ ദൈവമേ എന്നാണ് യേശു വിളിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് അവിടുന്ന് ഒരു പാപവും ചെയ്തിട്ടില്ല ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് അങ്ങനെയാ പറയുന്നത് അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ഒന്നിയോഹനാൻ മൂന്നിൻ്റെ ആറും പറയുന്നത് അവനിൽ പാപമില്ല എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെയുള്ള കർത്താവിനെ രണ്ടു കോരിഞ്ചേർ അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് കണ്ടോ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് പാപമാക്കി അങ്ങനെ നമ്മുടെ പാപം താൻ വഹിച്ചുകൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് യേശ്യാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവിനെ ആ നിലയിൽ അവൻ്റെ അകൃത്യം എന്നാൽ യഹോവാ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തിക അമ്പത്തി മൂന്നിൻ്റെ ആറാമത്തെ വാക്യം പത്താമത്തെ വാക്യമാണ് മുമ്പേ നമ്മൾ വായിച്ച അവൻ അകൃത്യയാകമായി തീർന്നിട്ട് ചുരുക്കത്തിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപവും കർത്താവിൻ്റെ മേൽ സമയത്ത് കർത്താവിന് എൻ്റെ ദൈവമേ എന്ന് മാത്രമേ വിളിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ ഒടുവിൽ തൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ പിതാവെയെന്ന് വിളിച്ച് തൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ആ സമയത്ത് കർത്താവിൻ്റെ ക്രൂശിലെ അവസാനത്തെ ആ മൂന്ന് മണിക്കൂറിൽ കർത്താവ് അനുഭവിച്ച പീഡനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് സത്യത്തിൽ നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയുകയില്ല ലോകത്തിൻ്റെ മുഴുവൻ പാപം തൻ്റെ മേലായി താൻ വ്യക്തിപരമായി അവനിൽ പാപമില്ലെന്നും അവൻ പാപം ചെയ്തിട്ടില്ലെന്നും നമ്മൾ വായിച്ചു അങ്ങനെയുള്ള കർത്താവിനെ എന്താക്കി തീർത്തു രണ്ട് കോരിൻ്റെ അഞ്ചിൻ്റെ ഇരുപത്തൊന്നിന് വായിക്കുന്നത് പാപമറിയാത്തവനെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അകൃത്യാഗമാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി നോക്കുക അത് വളരെ വലിയ ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് കർത്താവ് തൻ്റെ ജീവിതകാലത്ത് എപ്പോഴും പിതാവ് എന്നെ പിതാവും ഞാനും ഒന്നാണ് എന്നാണ് പറയുന്നത് ഒരിക്കലും പിതാവ് തന്നെ കൈവിടുകയില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനം നമുക്ക് കാണാം അവനെന്നെ കൈവിട്ടിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഏകനല്ല ഞാനും പിതാവും ഒന്നാണ് ഞാൻ ഒരിക്കലും ഏകനല്ല എന്ന് പറഞ്ഞ അങ്ങനെയാണ് പരശിശുശ്രൂഷാരംഗങ്ങളിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ കർത്താവിനെയാണ് ഇവിടെ ഇതാ പിതാവ് കൈവിട്ടത് ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും പാപത്തിന് പരിഹാരം ഉണ്ടാകുമായിരുന്നില്ല ഇതിനെക്കുറിച്ച് പല പല സുവിശേഷകന്മാരും പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില വാക്യങ്ങൾ എടുത്ത് വളരെ ഭംഗിയായിട്ട് കർത്താവ് ഒറ്റപ്പെട്ട ഈ നിമിഷങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ നമ്മൾ നോക്കുക അവിടെ ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഒരു പക്ഷിയെ പക്ഷി ഒരു കുഞ്ഞിൻ്റെ മണ്ടയ്ക്ക് ആ പക്ഷി കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്ക് തള്ള അടയിരിക്കുന്നത് കണ്ടാൽ അല്ലെ പൊരുന്നയിരിക്കുന്നത് കണ്ടാൽ തള്ളയെ വിട്ടുകളയണം കുഞ്ഞുങ്ങളെ എടുത്തുകൊള്ളാം എന്നാണ് അവിടെ പറയുന്നത് ഏ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ അപ്പം തള്ളയെ വിടുക കുഞ്ഞിനെ എടുക്കാം ലേവിയ പുസ്തകം ഒന്നിൻ്റെ പതിനഞ്ച് മുതൽ ഒന്നിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഈ നിലയിൽ ഒരു ആടിനെയോ കാളെയോ യാഗം കഴിക്കാൻ കഴിയാത്തവന് എന്ത് ഒരു പ്രാക്കുഞ്ഞിനെ യാഗമായിട്ടർപ്പിക്കാം അങ്ങനെ യാഗമായിട്ടർപ്പിക്കുമ്പോൾ ആ പ്രാക്കുഞ്ഞിനെ എങ്ങനെയാ അല്ലെങ്കിൽ ആ പക്ഷിക്കുഞ്ഞിനെ എങ്ങനെയാണ് പുരോഹിതൻ കൊല്ലുന്നത് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വത്തെങ്കിൽ പിഴിഞ്ഞ് കളയണം കണ്ടോ ഒരു പക്ഷി കുഞ്ഞിനെ ഒരു ചിത്രം പോലെയാണ് നമുക്കിവിടെ കാണാവുന്നത് ഇവിടെ തള്ളപ്പക്ഷിയില്ല തള്ളപ്പക്ഷിയെ വിട്ട് കളഞ്ഞു ഓടിച്ചു വിട്ടു എന്നിട്ട് വേണം ഈ കുഞ്ഞിനെ എടുക്കാൻ അതുപോലെ പിതാവിൻ്റെ സാന്നിധ്യമില്ല ഈ കുഞ്ഞിനെ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ പക്ഷി കുഞ്ഞിനെ അതിനെ യാഗമർപ്പിക്കുന്നതോ അതിൻ്റെ തല പിരിച്ചു പറിച്ചു കണ്ടോ എത്ര ക്രൂരമായ നിലയിലാണ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വത്തിങ്കിൽ പിഴിഞ്ഞുകളയണം അപ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ആറ് ഏഴ് ലേവിയ പുസ്തകം ഒന്നിൻ്റെ പതിനഞ്ച് ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് സുവിശേഷകന്മാരെ കർത്താവായി യേശു ക്രിസ്തു ആ കാൽവറിക്രൂശിൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ അനുഭവിച്ച ആ പീഡനത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ തല പിരിച്ചുപറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം രക്തം പിഴിഞ്ഞുകളയണം എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെ തള്ളപ്പക്ഷി ഇല്ലാതെ വേണം ഈ കുഞ്ഞിനെ എടുക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഇതിനെല്ലാം ചേർത്ത് കർത്താവിൻ്റെ ആ നിലയിലുള്ള നിസ്സഹായതയും ആ നിലവിളിയിലേക്ക് തന്നെ പ്രേരിപ്പിച്ച സംഗതികളെയുമൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ പോലും അതൊക്കെയും എത്രയോ ചെറിയ കാര്യമാണ് എന്താണ് കർത്താവ് സാക്ഷാൽ അനുഭവിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ ഒരു ദൈവഭത്യൻ അതിനെക്കുറിച്ച് പറയുന്നത് മൂന്ന് മണിക്കൂറിൽ കർത്താവ് ഒരു നരകം മുഴുവൻ അനുഭവിക്കുകയായിരുന്നു ആർക്കു വേണ്ടി നമുക്ക് സ്നേഹിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ഈ ക്രൂശ്മരണം കണ്ടുകൊണ്ട് നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ഈ ക്രൂശുമരണം കണ്ടുകൊണ്ട് ഒരു ശതാധിപൻ കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ചുമതലയുണ്ടായിരുന്ന നൂറ് പട്ടാളക്കാരുടെ അധിപനായ ശതാധിപൻ അത് കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാണനെ വിടുന്നത് കണ്ടിട്ട് എത്ര ഗ്രേസ്ഫുൾ ആയിട്ടാണ് ആരോടും പരാതിയില്ലാതെ പരിഭവമില്ലാതെ കർത്താവ് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ശാന്തമായി ഏൽപ്പിച്ചുകൊണ്ട് താന് പ്രാണനെ വിടുന്നത് കണ്ടുകൊണ്ട് ആ ശതാധിപൻ അല്ലെങ്കിൽ അതിന് ദൃക്സാക്ഷിയായി നിന്ന ആ ശതാധിപൻ പറയുന്നു ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നമ്മളെ ഇവിടെ വായിക്കുന്നത് ഇവിടെ അവനെ പറയുന്നത് യേശു നീതിമാനായിരുന്നു എന്നാണ് ലൂക്കോസെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ ശതാധിപൻ പറയുന്നത് ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു കണ്ടോ അപ്പോൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് ഏറ്റവും പറഞ്ഞ ആ ശതാധിപൻ തീർച്ചയായിട്ടും ദൈവഭാഗത്തേക്ക് വരാൻ കർത്താവ് ഈ പ്രാണനെ വിടുന്നത് കണ്ടത് അവന് ആ നിലയിൽ നന്മയായിത്തീർത്തു പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പലരും ആ നിലയിൽ സ്വർഗത്തിലെ ചെന്നില്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത പലരും കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരു വൈരുദ്ധ്യം പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിലൊന്നാണ് ഈ പറഞ്ഞ ശതാധിപൻ പലപ്പോഴും നമ്മൾ ക്രൂശിലെ കർത്താവിൻ്റെ വലതുവശത്ത് കിടന്ന എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് കിടന്ന് കർത്താവിനെ രക്ഷകനായിട്ട് ഏറ്റുപറഞ്ഞ ആ കള്ളൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയും യേശുവിനീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേന്ന് പറഞ്ഞ് കർത്താവിനോടുകൂടെ ഇന്ന് പറയും എന്ന ഉറപ്പ് ലഭിച്ച ആ കള്ളനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ആ കള്ളൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാറുണ്ട് എന്നാൽ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുപോലെ തന്നെ കർത്താവിനെ ക്രൂശിക്കാൻ ചുമതലപ്പെട്ട ഈ നൂറ് റോമൻ പടയാളികളുടെ അധിപൻ കർത്താവിന് ഇവൻ സാക്ഷാത് ദൈവപുത്രൻ എന്ന് ഏറ്റു പറയുമ്പോൾ അവനും തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിലേക്കുള്ള തൻ്റെ പ്രവേശനം ആ ഏറ്റുപറച്ചിലൂടെ താന് ഉറപ്പാക്കിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം തുടർന്ന് ഈ ശതാധിപിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവൻ തൻ്റെ ജീവിതത്തിലെ കർത്താവിനായിട്ട് ജീവിച്ചു എന്ന് നമുക്ക് കരുതുന്നതിൽ തെറ്റില്ല ഇതുപോലെ തന്നെ മറ്റൊരാളെക്കുറിച്ച് ഇവിടെ ലൂക്കോസിലെ രേഖപ്പെടുത്തിയിട്ടില്ല കർത്താവ് മരിച്ചോ എന്നറിയാൻ വേണ്ടി ഒരുവൻ ഒരു പടയാളികൾ ഒരുവൻ കുന്തമെടുത്ത് യേശുവിൻ്റെ വിലാപ്പുറത്തു കുത്തി ഉടനെ രക്തവും വെള്ളവും കൂടെ പുറപ്പെട്ടു എന്ന് അങ്ങനെ ഒരു ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരു പടയാളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിലാണ് ആ പടയാളിയെക്കുറിച്ച് പറയുന്നത് അവനൊരു കുന്തം കർത്താവിൻ്റെ വിലാപ്പുറത്തു കുത്തി കടത്തി ഉടനെ രക്തവും വെള്ളവും കൂടെ പുറപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് അവിടെ ആ പടയാളിയെക്കുറിച്ചും പാരമ്പര്യങ്ങളിൽ പറയാറുണ്ട് അവൻ്റെ പേര് ലോഗിനസ് എന്നായിരുന്നു അവന് ഒരു അന്ധതയുള്ള കാഴ്ച കുറവുള്ള ഒരു പടയാളിയായിരുന്നു അവന് കർത്താവിൻ്റെ നെഞ്ചിൽ ഈ കുന്തം കുത്തി കടത്തിയപ്പോൾ അതിൽ ഒരു തുള്ളി രക്തം തെറിച്ച് അവൻ്റെ തന്നെ ആ നിലയിലുള്ള അന്ധകാരം നിറഞ്ഞ് അല്ലെങ്കിൽ അന്ധതയുള്ള കണ്ണിൻ്റെ മേൽ വീഴപ്പോൾ പെട്ടെന്ന് അവന് കാഴ്ച ലഭിച്ചു എന്ന് ആണ് ആ പാരമ്പര്യം പറയുന്നത് അതോടെ അവനും ക്രിസ്ത്യാനിയായി മാറി എന്ന് പറയാറുണ്ട് ചുരുക്കത്തി നോക്കുക നമ്മൾ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ കർത്താവിനെ ക്രൂശിച്ച ശതാധിപൻ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുന്ത കടത്തിയ ആ പടയാളി ഇവരൊക്കെയും കർത്താവിങ്കിലേക്ക് തിരിയാൻ ആ മുഖാന്തരമായി എന്ന് നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിൻ്റെ അമ്പതിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ അരിമത്യക്കാരൻ ജോസഫിൻ്റെ കാര്യവും നമ്മൾ കാണുന്നുണ്ട് അരിമത്യക്കാരൻ ജോസഫ് അവനെക്കുറിച്ച് നീതിമാൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിമാനായ ജോസഫ് നമ്മളെ മത്തായി സുവിശേഷം ഒരു രസമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ വളർത്ത അച്ഛനായ ജോസഫിനെ നീതിമാൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി ഒന്നിൻ്റെ പത്തൊൻപതിൽ മത്തായി ഒന്ന് പത്തൊൻപത് ഇവിടെ ഈ അരിമത്യക്കാരൻ ജോസഫ് വളരെ നീതിമാനും നല്ലവനുമായിരുന്നു അവനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ സന്നിധ്രി സംഘത്തിലെ അംഗമായിരുന്നു പക്ഷേ സന്നിധ്രി സംഘം സന്നിധ്രി സംഘത്തിൽ അംഗമായെങ്കിലും കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ച ആ സന്നിധ്രി സംഘത്തിൻ്റെ യോഗത്തിൽ ഈ അരിമത്യക്കാരൻ ജോസഫ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ കാര്യം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ അറുപത്തി നാല് നോക്കുക ആ സന്നിധ്രി സംഘം അവൻ യേശു മരണയോഗ്യനെന്ന് എല്ലാവരും വിധിച്ചു സന്നിധ്രി സംഘത്തിലുള്ള മുഴുവൻ പേരും അങ്ങനെ കർത്താവിനെ ക്രൂശിക്കാനായിട്ട് സമ്മതിച്ചു എന്നാണ് മർക്കോസ് പതിനാലിൻ്റെ അറുപത്തി നാല് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഈ കർത്താവിനെ എല്ലാവരും ആ നിലയിൽ ക്രൂശിക്കാനായിട്ട് സന്നിധ്രി സംഘം ഐക്യകണ്ഠേന തീരുമാനമെടുത്തപ്പോൾ തീർച്ചയായിട്ടും അരിമത്യക്കാരൻ ജോസഫ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ ആ ജോസഫിനെക്കുറിച്ച് അൻപത്തി ഒന്നാം വാക്യം കണ്ടോ അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു അതുകൊണ്ട് ഈ കർത്താവിനെ ഇങ്ങനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ വിവരമറിയുന്നത് അവന് ചെന്നിട്ട് പരസ്യമായിട്ട് അതുവരെ ഒരു രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരൻ ജോസഫ് അതോടെ ഒരു പരശ്യ ശിഷ്യനായി മാറുകയും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിക്കുകയും ചെയ്യുന്നു എന്നിട്ട് എന്തു ചെയ്യുന്നു അതിൻ്റെ അൻപത്തി വാക്യത്തിൽ വരുമ്പോൾ പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ സ്വന്തം കല്ലറയിലാവാം യേശുവിൻ്റെ ശരീരം അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു തീർച്ചയായിട്ടും ഈ അടിമത്യക്കാരൻ ജോസഫും സന്നിധ്രി സംഘത്തിൽ കർത്താവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച ആ സംഘത്തിലെ അംഗങ്ങളിൽ ഒരാളായിരുന്ന ആ ജോസഫും ദൈവരാജ്യത്തിൽ കാണും എന്ന് നമുക്ക് ചിന്തിക്കാം ഇവിടെ ഇതാ കർത്താവിനെ അങ്ങനെ ഒരു കല്ലറയിൽ വെച്ചു സാധാരണ ക്രൂശിക്കപ്പെടുന്ന ആളുകളെ അവരുടെ ശരീരം അങ്ങനെ കല്ലറയിൽ വെച്ച് മാന്യമായ ഒരു ശവസംസ്കാരം നൽകുകയില്ല അവരെയൊക്കെ ബെൻഹിന്നോ താഴ്വരയിലേക്ക് എറിഞ്ഞുകളയുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ ഇവിടെ കണ്ടോ കർത്താവിനെ ഒരിക്കലും ആരുടെയും ശരീരം വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിൽ വെച്ചു ആയിശയ്യാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നിൻ്റെ പതിനൊന്നിങ്ങനെ പറയുന്നു തൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു കണ്ടോ ഇവിടെ നമ്മൾ വേറൊരു വൈരുദ്ധ്യം കാണണം ഈ സമയത്ത് കർത്താവായി യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാരിൽ ഒരാളായിരിക്കുകയും ഒടുവിൽ മുപ്പത് വെള്ളിക്കാശിനെ കർത്താവിനെ ഒറ്റി കൊടുക്കുകയും ചെയ്ത യൂതായുടെ ചരിത്രം നമുക്കറിയാം ആ യൂത എന്തു ചെയ്തു യൂത താനെ കെട്ടിഞ്ഞാന്ന് ചത്തു കെട്ടിഞ്ഞാന്ന് ചത്തത് ഈ ബെൻഹിന്നോ താഴ്വരയുടെ ഒരു ഭാഗമായിട്ട് ഉള്ള ഒരു സ്ഥലത്താണ് അതാണ് പിന്നെ രക്തനിലമായിട്ട് അറിയപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നത് അവന് എന്ത് ചെയ്തു ഒന്നുകിൽ അവനെ കെട്ടിഞ്ഞാന്നു അവന് താഴെ വീണ് അപ്പൊർത്തി ഒന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നോക്കുക അവൻ വീണ് അവൻ്റെ ശരീരം പിളർന്നു പോയി കുടല് തെറിച്ച് പോയി എന്നെല്ലാമാണ് വായിക്കുന്നത് കണ്ടോ അവൻ സത്യത്തിൽ ദൈവരാജ്യത്തിന് വളരെ അടുത്തവനായിരുന്നു പക്ഷേ അവസാനം അവൻ എന്തുപറ്റി ദൈവത്തിൽ നിന്നകന്ന് വളരെ ശോചനീയമായ ഒരു അന്ത്യം പ്രാപിച്ച് ആത്മാവ് നരകത്തിലായി കണ്ടോ ഇവിടെ അപ്പം നമ്മൾ പലരെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞത് ഒന്ന് നമ്മൾ പറഞ്ഞത് ശതാദിപനെക്കുറിച്ചാണ് പറഞ്ഞത് രണ്ട് ആ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ റോമൻ പടയാളിയെക്കുറിച്ചാണ് പറഞ്ഞത് മൂന്ന് അരിമത്യക്കാരൻ ജോസഫിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇവർ മൂന്ന് പേരും കർത്താവിനെ ക്രൂശി ക്രൂശിക്കുന്ന ആ സന്ദർഭത്തിൽ പല നിലയിൽ ആ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടവരാണ് ശതാധിപൻ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ ചുമതലക്കാരനായിരുന്നു ആ പടയാളി കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തി കർത്താവിൻ്റെ മരണം ഉറപ്പാക്കിയവനായിരുന്നു അരിമത്യക്കാരൻ ജോസഫ് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് വിധിച്ച സന്നിധ്രി സംഘത്തിലെ ഒരു അംഗമായിരുന്നു എങ്കിലും ദൈവരാജ്യത്തോട് വളരെ അകന്ന് നിന്ന ഈ മൂന്ന് പേരും കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ പല നിലയിൽ അവർ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് കർത്താവിനിൽ നിന്നുള്ള ആ നിലയിലുള്ള നോക്കുക തൻ്റെ മരണത്തിൻ്റെ സമയത്ത് പോലും താനേ മറ്റുള്ളവർക്ക് കൃപ നൽകുന്നവനായിട്ട് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നൽകുന്ന വി വിളിക്കുന്നവനായിട്ട് കർത്താവായിത്തീർന്നു നമ്മൾ ആ ക്രൂശിലെ കള്ളൻ്റെ കാര്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു അങ്ങനെ നോക്കുക ശതാധിപൻ ക്രൂശിലെ കള്ളൻ കർത്താവിൻ്റെ വിലാപ്പുറത്ത് പടയാളി അരിമത്യക്കാരൻ ജോസഫ് ഇവരൊക്കെ ദൈവരാജ്യത്തിൽ കിടക്കുമ്പോൾ ഇതാ കർത്താവിനോടൊപ്പം മൂന്നര വർഷം ഒന്നിച്ച് നടക്കുകയും അവിടുത്തെ അപ്പം ഭക്ഷിക്കുകയും കർത്താവിൻ്റെ അത്ഭുത കാണുകയും കർത്താവിൻ്റെ വാക്കുകളെ നേരിട്ട് കേൾക്കുകയും ചെയ്ത ഇസ്കരിയോത്തായൂദാ ഇതാ അവനെ നരകത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നമ്മളെങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഈ ശതാധിപനാകട്ടെ പടയാളിയാകട്ടെ കള്ളനാകട്ടെ ഇവരൊന്നും നല്ല നിലയിലല്ല ആരംഭിച്ചത് പക്ഷെ അവരുടെ അവസാനം നല്ലതായിരുന്നു എന്നാൽ യുസ്കരിയോത യൂത നല്ല നിലയിലൊക്കെ ആരംഭിച്ചു പക്ഷെ അവസാനം ശരിയല്ലായിരുന്നു അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതം എങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊരു നല്ല അന്ത്യം പ്രാപിക്കത്തക്കവണ്ണം നമ്മൾ ഈ രക്ഷയെ അഗണ്യമാക്കി തീർക്കാതെ കർത്താവിൻ്റെ പിന്നാലെ കൂടുതൽ ആ നിലയിലുള്ള താല്പര്യത്തോടെ കൂടുതൽ സമർപ്പണത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് പോയാൽ നമുക്കും ഒരു നല്ല അന്ത്യം പ്രാപിപ്പാനായിട്ട് കഴിയും ദൈവം നമ്മെ അതിനെ സഹായിക്കും ആ നിലയിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം പ്രിയപ്പെട്ടവർ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും തുടർന്നുള്ള സ്വർഗാരോഹണവും അങ്ങനെ പറഞ്ഞതങ്ങ് ഈ സുവിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നോക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ സുഗന്ധവർഗവുമായിട്ട് അധികാലത്തെ കല്ലറക്കലെത്തിയ സ്ത്രീകൾ കല്ലറ ഒഴിഞ്ഞതായിട്ട് കാണുന്നു രണ്ട് പുരുഷന്മാർ അവരോട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ കാര്യം പറയുന്നു ഈ സ്ത്രീകൾ ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് വിവരം പറയുന്നു അവർ വന്ന് അവിടെ വന്ന് നോക്കി പക്ഷെ വിശ്വസിച്ചില്ല അവർ കടന്നു ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഖണ്ണികയിലെ പറയുന്നത് അടുത്ത് എം പോയ രണ്ട് ശിഷ്യന്മാർക്ക് കർത്താവ് അവരോട് കൂടെ ചേർന്ന് നടക്കുകയും അവരോട് സംഭാഷിക്കുകയും അവർക്ക് തിരുവെഴുത്ത് വ്യക്തമാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത കാര്യമാണ് അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് അടുത്തത് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതും തുടർന്ന് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിൻ്റെ വിവരണവും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സൂ ഈ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ കാണുന്നത് അവിടെ പ്രത്യേകിച്ചും നോക്കുക നമുക്ക് അവിടെ പല കാര്യങ്ങൾ തുറക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഏഴ് കാര്യങ്ങളെങ്കിലും ഒക്കമിട്ട് തുറക്കപ്പെട്ടതായിട്ട് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇരുപത്തിനാലിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കല്ലറ അവിടെ ചെല്ലുമ്പോൾ ആ സ്ത്രീകൾ കല്ലറ തുറക്കപ്പെട്ടതായിട്ട് അവർ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കല്ലറ തുറക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഇരുപത്തിനാലിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ കല്ലറ തുറക്കപ്പെട്ടു തുടർന്ന് എം ഹൗസിലേക്ക് പോകുന്ന ആ ശിഷ്യന്മാർ അവർ ക്ലയോപ്പാവ് പേരുള്ള ഒരുവനും കൂടുള്ളത് ആരാണ് പറയുന്നില്ല എന്നാൽ അവൻ്റെ ഭാര്യയാണെന്നാണ് പാരമ്പര്യം പറയുന്നത് അങ്ങനെ അവരോട് ചേർന്ന് കർത്താവ് ഒരു വഴിപോക്കനെ പോലെ സംസാരിച്ചുകൊണ്ട് നടന്നു അവരവരുടെ സ്വന്തം വീടുള്ള എം ഹൗസില് എരിശിലേമിൽ നിന്ന് എഴുനാഴി അകലെയുള്ള ആ ഗ്രാമത്തിലെത്തിയപ്പോൾ അവരെന്ത് ചെയ്തു അവരുടെ ഭവനം ഈ കർത്താവിനായിട്ട് തുറന്നുകൊടുത്തു കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായില്ല പക്ഷേ തിരുവഴുത്തുകളെ തങ്ങൾക്ക് തെളിയിച്ചു തന്ന ആളിനു വേണ്ടി അവർ ഭവനം തുറന്നുകൊടുക്കുന്നു ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിലാണ് സൂര്യൻ അഷ്ടമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അവരോടുകൂടെ പാർപ്പാനായിട്ട് ആ ഭവനം അവർ തുറന്നുകൊടുക്കുന്നതായിട്ട് അതിഥിക്കായിട്ട് തുറന്നുകൊടുക്കുന്നത് കാണുന്നു അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ അവിടെ ചെന്നിട്ട കർത്താവ് ഭക്ഷണം കഴിക്കാൻ നേരത്ത് അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നതായിട്ട് മുപ്പത്തി ഒന്നാമത്തെ നമ്മൾ വായിക്കുന്നു മുപ്പത്തി വാക്യത്തിൽ അവർ പറയുന്നു അവർ പറയുകയാണ് തിരുവഴുത്തുകൾ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ നിലയിൽ തുറക്കപ്പെട്ടു ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു തിരുവഴുത്തുകളെ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളെ കർത്താവ് തുറന്നുകൊടുത്തതാണ് മുപ്പത്തി രണ്ടാം വാക്യത്തിൽ കാണുന്നത് അതുപോലെ മുപ്പത്തി അഞ്ചാം ചെല്ലുമ്പോൾ അവർ തങ്ങൾക്ക് സംഭവിച്ചതല്ല ശിഷ്യന്മാരോട് പറയുമ്പോൾ അവരുടെ അധരങ്ങളെ തുറന്നു എന്ന് നമുക്ക് പറയാം അതുപോലെ അതിൻ്റെ നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ശിഷ്യന്മാരോട് കർത്താവ് സംഭാഷിക്കുമ്പോൾ ഈ തിരുവെഴുത്തുകളെ മനസ്സിലാകത്തക്കവണ്ണം അവരുടെ ബുദ്ധിയെ തുറന്നു തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു നാൽപ്പത്തി വാക്യം ഒടുവിലായിട്ട് അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ സ്വർഗവും കർത്താവിനായിട്ട് തുറക്കുന്നു കണ്ടോ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ അക്കമിട്ട് പറഞ്ഞത് തുറക്കപ്പെട്ട കല്ലറ ഇരുപത്തിനാലിൻ്റെ ഒന്നാം രണ്ടാം വാക്യങ്ങൾ തുറക്കപ്പെട്ട ഭവനം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം തുറക്കപ്പെട്ട കണ്ണുകൾ മുപ്പത്തി ഒന്നാമത്തെ വാക്യം തുറക്കപ്പെട്ട തിരുവെഴുത്ത് മുപ്പത്തി വാക്യം തുറക്കപ്പെട്ട ആധരം മുപ്പത്തിയഞ്ചാമത്തെ വാക്യം തുറക്കപ്പെട്ട ബുദ്ധി നാൽപ്പത്തി വാക്യം തുറക്കപ്പെട്ട സ്വർഗം അൻപത്തി വാക്യം അങ്ങനെ തുറക്കപ്പെടലിൻ്റെ ഒരു അധ്യായമായിട്ട് നമുക്ക് ഈ അധ്യായത്തെ വേണമെങ്കിലേ കാണാം ഇവിടെ ഇതാ ഈ നിലയിൽ ഈ ഇവർ പോകുമ്പോൾ കല്ലറയ്ക്കലത്തെ സ്ത്രീകൾ ഈ നിലയിൽ ശിഷ്യന്മാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ആ ശിഷ്യന്മാർ എന്തു ചെയ്യുന്നില്ല ശിഷ്യന്മാരത് വിശ്വസിക്കുന്നില്ല അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നോക്കുക ഇരുപത്തിനാലിൻ്റെ പതിനൊന്ന് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ വാക്ക് അതായത് സ്ത്രീകൾ ശിഷ്യന്മാരോട് പറഞ്ഞ അപ്പൊസ്റ്റന്മാരോട് പറഞ്ഞ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വാക്കുകൾ അവർക്ക് വെറും കഥ പോലെ തോന്നി ലീറോസ് എന്നൊരു ഗ്രീക്ക് പദമാണ് വെറും കഥ പോലെ എന്നുള്ളിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് ഞാനിവിടെ വായിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ആ വാക്കിന് ഇവിടെ വെറും കഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെയുള്ളൊരു കൊച്ചർത്ഥമല്ല ഉള്ളത് ഒരുതരം മാനസിക വിഭ്രാന്തിയിൽ എന്തോ പുലമ്പുന്നു എന്നുള്ള അർത്ഥമാണ് അതിന് മൂലഭാഷയിലുള്ളത്ര ഇംഗ്ലീഷിൽ സില്ലി നോൺസെൻസ് ഈ വാക്കവർക്കൊരു സില്ലി നോൺസെൻസ് ആയിട്ട് തോന്നി കണ്ടോ കർത്താവ് താൻ ജീവനോടുണ്ടായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നതാണ് മനുഷ്യ ഉത്തരം ക്രൂശിക്കപ്പെടുമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും എന്നൊക്കെയുള്ള കാര്യം പക്ഷേ ആ വാക്കുകളിവിടെ വന്ന് ആ കാര്യം വന്നിട്ട് യഥാർത്ഥത്തിൽ അത് സംഭവിച്ച കാര്യം സ്ത്രീകൾ വന്ന് ഇവരോട് പറയുമ്പോൾ അവർക്കത് സില്ലി നോൺ സെൻസ് ആയിട്ടാണ് തോന്നുന്നത് പ്രിയപ്പെട്ടവർ ഈ പ്രയോഗം പിന്നീട് നമുക്ക് പലയിടത്തും കാണാനായിട്ട് കഴിയും ഈ അധ്യായത്തിൽ തന്നെ അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ക്ലെയോപ്പാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് എന്നാണ് കൂടുതൽ പേരും പറയുന്നത് ക്ലയോപ്പാവെന്നാ പേര് പറയുന്നുണ്ട് പക്ഷെ ഒരു പാരമ്പര്യത്തില് ഇത് ലൂക്കോസ് തന്നെയാണ് ലൂക്കോസിൻ്റെ തന്നെ അനുഭവമാണ് അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പതിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസാണ് ഇവിടെ പറയുന്ന ക്ലയോപ്പാവ് എന്ന് ഒരു പാരമ്പര്യത്തിൽ പറയുന്നുണ്ട് അത് ശരിയാകാം തെറ്റാകാം പക്ഷെ ഒരു കാര്യമുണ്ട് ലൂക്കോസ് മാത്രമേ ഈ കാര്യം ഏറെക്കുറെ കണ്ടതുപോലെ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുള്ളൂ മർക്കോസ് ഈ കാര്യമൊന്ന് പറയുന്നുണ്ട് പക്ഷേ അത് പതിനാറാമത്തെ അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് എന്ന രണ്ട് വാ വാക്യങ്ങളിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തിട്ടുള്ള ലൂക്കോസ് മാത്രമാണ് ഇത് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാകാം ഒരു പാരമ്പര്യത്തിൽ ലൂക്കോസാണ് ഈ ക്ലയോപ്പാവ് എന്നൊരു ചിന്തയുണ്ട് എങ്കിലും എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചല്ലല്ലോ സില്ലി നോൺസെൻസ് എന്ന പ്രയോഗത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് ഇരുപത്തിനാലിൻ്റെ പതിനൊന്നിൽ നമ്മളതിനെ കാണുന്നു അതുപോലെ തന്നെ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി മൂന്നിലും അങ്ങനെ കാണുന്നു അവിടെ ഈ ക്ലയോപ്പാവും കൂടെ യേശുവിനോട് സംസാരിച്ചു പോകുമ്പോൾ അവർ പറയുകയാണ് അവന് ഈ യേശു ഞങ്ങളെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് നാശിച്ചിരുന്നു എന്നാൽ അവനെ ക്രൂശിച്ചു എന്നാൽ ഇന്നൊരു കാര്യമുണ്ടായി ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കൽ ചെന്ന് അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നിട്ട് ജീവിച്ചിരിക്കുന്നു ദൂതന്മാരുടെ ദർശനം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു ഭ്രമിപ്പിക്കുക എന്ന ആ വാക്ക് ആ ഇരുപത്തിനാലിൻ്റെ പതിനാലിൽ കണ്ട സില്ലി നോൺസെൻസ് എന്ന് പറയുന്നതിന് തത്തുല്യമായ പദമാണ് എന്നാണ് പറയുന്നത് അതുപോലെ അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യത്തിൽ കർത്താവ് അവരോട് പറയുന്ന ആ ഭാഗത്ത് ഇതേ പ്രയോഗം അവർക്കെതിരെ വരുന്നുണ്ട് എന്താ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ അവിടെ ആ നിലയിൽ അവർ സില്ലിയായ കാര്യങ്ങളിൽ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് കർത്താവ് അവരെ അതേ പ്രയോഗം കൊണ്ട് അവരെ കാണുന്നു അതുപോലെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അത് രംഗം മാറി ഇവിടെ കർത്താവ് ആരോടാ പറയുന്നത് തൻ്റെ ശിഷ്യന്മാരോടാണ് ആ ശിഷ്യന്മാർക്ക് കർത്താവ് തന്നെക്കുറിച്ചുള്ള തിരുവഴുത്തെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ താനെ പറയുകയാണ് അവരോട് പറയുന്നത് അതിൻ്റെ നാൽപ്പത്തി വാക്യത്തിൽ അവരുടെ ബുദ്ധിയെ തുറന്നു തിരിച്ചറിയാനായിട്ട് അവരുടെ മന്ദബുദ്ധിയെ തുറന്ന് അവരെ ശരിയായ ബുദ്ധിയിലേക്ക് കൊണ്ടുവന്നു ഈ നിലയിലുള്ള ഒരു പ്രയോഗത്തിൻ്റെ സൂചന കാണാം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവിൻ്റെ അപ്പോസ്വലന്മാർക്ക് പോലും അതൊരു സില്ലി നോൺസെൻസ് എന്നാണ് പറ അവര് കരുതി എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ അങ്ങനെയാണ് അതിനെ കർത്താവിന് വിവരിച്ചു കൊടുത്തത് അവർ സ്ത്രീകൾ വന്ന് ഞങ്ങളെ ഭ്രമിപ്പിച്ചു അവർ അവർക്കൊരു മാനസിക വിഭ്രാന്തി തോന്നിയത് അത് ഞങ്ങളോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷേ കർത്താവ് ഉടനെ ശരിക്കുള്ള മാനസിക വിഭ്രാന്തിയും ബുദ്ധിഹീനതയും മന്ദബുദ്ധിത്തരവും നിങ്ങൾക്ക് തന്നെ ആണ് എന്ന് അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് അവരുടെ ബുദ്ധിയുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അവരുടെ ആ നിലയിലുള്ള മന്ദബുദ്ധിത്തരം മാറ്റി യഥാർത്ഥത്തിലുള്ള തെളിവിലേക്ക് അവരെ കൊണ്ടുവരുന്നു പ്രിയപ്പെട്ടവരെ ഇതിനെ തുടർന്നാണ് നമുക്ക് അപ്പോസ്തക പ്രവൃത്തിയിൽ പത്രൂസിനെ പോലൊക്കെയുള്ള ആളുകൾ വളരെ ഗൗരവത്തോടെ ഈ തിരുവഴുത്തുകളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നത് കർത്താവ് കണ്ടോ ഇവിടെ തന്നെ തൻ്റെ ഉയർപ്പിനെക്കുറിച്ചും കഷ്ടാനുഭവത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നു തിരുവഴുത്തുകൾ തിരിച്ചറിയേണ്ടത് വളരെ വലിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനാ എന്നാണ് ഇവരെ ഇവിടെ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ വാക്കിലും പ്രവൃത്തിയിലും മാത്രമല്ല കർത്താവ് പുനരുത്ഥാനത്തിലും എന്തായിരുന്നു ശക്തനായിരുന്നു ഇരുപത്തിനാലിൻ്റെ പത്തൊൻപതിലാണ് അവർ പറയുന്നത് കർത്താവിനെ വാക്കിലും പ്രവൃത്തിയിലേയും ശക്തനെന്ന് പറയുന്നത് എന്നാൽ ഫിലിപ്പിയർ മൂന്നിൻ്റെ പത്ത് കണ്ടോ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും നമ്മളറിയണം അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ഈ കാര്യങ്ങളെ നമുക്കിങ്ങനെ സംക്ഷേപിക്കാം നമ്മൾ കർത്താവായി യേശുക്രിസ്തുവിനെ ആ ശക്തി അനുഭവിച്ച് തിരുവഴുത്തുകളെ മനസ്സിലാക്കി പ്രാർത്ഥനയോടെ നിൽക്കണം പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ ഇതിൻ്റെ അവസാനത്തെ വാക്യങ്ങളിൽ പറയുന്നുണ്ട് അതിൻ്റെ അൻപത്തി മൂന്ന് ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോകുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ പത്തിലും ദേവാലയത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാണ് ഈ സുവിശേഷം തുടങ്ങുന്നത് അവസാനിക്കുന്നതും പ്രാർത്ഥനയെക്കുറിച്ചും ചുരുക്കത്തിൽ നമുക്കിതിൽ നിന്നെല്ലാം ഇങ്ങനെ ഒരു ചിന്തയെടുക്കാം നമ്മൾ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി കയ്യാളാൻ നമുക്ക് ആ നിലയിൽ ദൈവം ഭാഗ്യം തന്നിരിക്കുന്നു തിരുവഴുത്തുകളെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയെ തുറന്നിരിക്കുന്നു ഈ ഇങ്ങനെയുള്ള നമ്മൾ പ്രാർത്ഥനയോടെ ശക്തരായിട്ട് നിൽക്കണം ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ നിലയിൽ ഈ കാലഘട്ടത്തിൽ പ്രയാസമുള്ള ഈ ഘട്ടത്തിൽ പുനരുദ്ധാന ശക്തി അനുഭവിച്ച് തിരുവഴുത്തുകളെ ഉൾക്കൊണ്ട് പ്രാർത്ഥനയോടെ നിൽക്കാൻ നമുക്ക് ഏവർക്കും ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു